അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അഴുക്കും കോപവും വന്നിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നൽകിയ പേരുകളെക്കുറിച്ച് നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ വാഹുസ്ബഹാനഹൂവറ്റായാല അതിന് യാതൊരു തെളിവും നൽകിയിട്ടില്ല അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാണോ